ആ ശത്രു മുമ്പിൽ എത്തുന്നതിന് മുമ്പ് ശത്രുവിനെ സങ്കല്പിക്കുമ്പോഴാണോ ശത്രുവുമായി മുഖാമുഖം നിൽക്കുമ്പോഴാണോ ശത്രുവുമായി ഏറ്റുമുട്ടുമ്പോഴാണോ ശത്രുവുമായി ഏറ്റുമുട്ടി വിജയിക്കുമ്പോഴാണോ പരാജയപ്പെടുമ്പോഴാണോ ഏറ്റവും കൂടുതൽ സങ്കീർണതകൾ നിങ്ങൾ നേരിടുന്നത് സങ്കല്പിക്കുമ്പോഴാണോ നമുക്ക് എല്ലാ അഭിപ്രായവും അങ്ങനെയാണെങ്കിൽ ക്യാൻസർ പോലുള്ള മഹാരോഗങ്ങളെ സങ്കല്പിക്കുന്ന ഒരു സമൂഹത്തിന്റെ സംഘർഷം എത്ര വലുതായിരിക്കും അപ്പോൾ നിങ്ങളെ ഈ വഴിയിൽ എത്തിക്കുന്നതിൽ നിങ്ങളുടെ മാധ്യമങ്ങളും ബിഷപുരന്മാരും അതിനെ വിഘുലമായി അവതരിപ്പിക്കുന്ന ചർച്ചകളും അതിനെക്കുറിച്ചുള്ള ഉത്കണ്ഠകളും അതിൽ ചേർന്നു വരുന്ന വീട്ടിലെ അത് പാരമ്പര്യത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ മറ്റേതെങ്കിലും രോഗത്തിലേക്ക് വഴിതി വീഴുമ്പോഴെല്ലാം തന്നെ കാത്തിരിക്കുന്ന ആ ശത്രുവിൻ്റെ ആഗമനം അറിയിക്കുന്ന ആദ്യത്തെ വിസിലാണിത ചിന്തിക്കുന്നതുമെല്ലാം എത്ര മാരകമായിരിക്കും എന്നാരോഹിക്കും ദർശനവും തത്വചിന്തയും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാകുമെങ്കിൽ അവയൊന്നും അറിയാത്തവരാണ് മാധ്യമ സുഹൃത്തുക്കളും അവയൊന്നും അറിയാത്തവരാണ് വിശങ്കുരന്മാരുമെന്ന് വിശ്വസിക്കാൻ പറ്റുമോ ദാർശനിക തദ്ധയുടെ അംശങ്ങളൊന്നും അറിയാതെയാണ് ഈ ഈ വിഹ്വലതകളും എന്ന് വിശ്വസിക്കാൻ പറ്റുമോ എന്ന് നിങ്ങളുടെ മാധ്യമ പണ്ഡിതന്മാർക്ക് നിങ്ങളുടെ മത നേതൃത്വത്തിന് നിങ്ങളുടെ വിശക്കുര പ്രമാണിമാർക്ക് മനസ്സിന്റെ ഈ ദാർശനിക തലത്തെ അറിയാത്തതുകൊണ്ടാണ് അവർ ഇതെല്ലാം ചെയ്തു കൂട്ടുന്നതെന്ന് വിശ്വസിക്കാനാകുമോ എന്നാണ് ചോദ്യം കാരണം നിങ്ങൾക്കും ഇപ്പോൾ പറഞ്ഞപ്പോൾ ഇങ്ങനൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ അതല്ല അറിയാതെ പറഞ്ഞുപോയതാണ് സങ്കല്പത്തിൽ വെച്ചാണ് ശത്രുവിനെ സങ്കല്പിക്കുമ്പോഴാണ് ഏറ്റവും വലിയ വിഹുലതകളും ഏറ്റവും കൂടുതൽ ശാരീരിക പരിണാമങ്ങളും ഏറ്റവും കൂടുതൽ എൻസൈമുകളും ഹോർമോണുകളും സംജാതമാകുന്നതെന്നും അപ്പോഴാണ് നിങ്ങൾ വിഹുലമായി തീരുന്നതെങ്കിൽ രോഗം വരാത്ത രോഗത്തെ കാണുകയും രോഗത്തിൻ്റെ വൈകല്യങ്ങളെ തിരിച്ചറിയുകയും രോഗത്തിൻ്റെ വൈകല്യങ്ങളെ കുറിച്ച് കേട്ടറിയുകയും അവയെ വായിച്ചറിയുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിന്റെ അന്തരംഗത്തിലാണ് ഏറ്റവും കൂടുതൽ രോഗത്തിന്റെ ബീജാഭാവം ചെയ്യുന്നതെന്ന് അതുകൊണ്ട് ആരോഗ്യം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇത്തരം രോഗങ്ങളുടെ ഋണാത്മകങ്ങളായ ചർച്ചകൾ വീട്ടിൽ ഉണ്ടാകുവാനും ഇതിൻ്റെ ഭയാശങ്കകൾ വീട്ടിൽ കയറ്റുവാനും ഇതിനെ കൃത്യമായി അറിയാത്ത ഭയത്തെ ജനിപ്പിക്കുന്ന ആളുകളുടെ സന്ദർശനം ഒഴിവാക്കുവാനും ഇവയെ നെഗറ്റീവായി പറയുന്ന ബിഷക്കുര പ്രമാണിമാരെ കാണാതിരിക്കുവാനും ജീവിതത്തിൽ ഒരിക്കൽ പോലും അവരെ കാണാൻ ഇടവരരുതേ എന്ന് പ്രാർത്ഥിക്കുവാനും അതിനേത് മെഴുകുതിരികെത്തിച്ചാലും ഏത് അമ്പലത്തിൽ എണ്ണ കൊടുത്താലും മാറ്റമില്ല അവർ ചത്തുപോയാൽ പോലും ഈ നാട് നല്ലതാണ് എന്ന് വിശ്വസിക്കുവാനും നിങ്ങൾക്ക് കഴിയുമ്പോൾ മാത്രമേ നിങ്ങൾ ഈ രോഗത്തിൽ നിന്ന് മുക്തി നേടൂ വൈനൽ ഉള്ളിൽ അൽപത്തിരി ഞാൻ പറഞ്ഞത് അറിഞ്ഞു മനസ്സിലായി എങ്കിൽ തീർച്ചയായും അത് സത്യം പറഞ്ഞത് വിഹ്വലത ഉണ്ടാക്കുന്ന ഒരു ആർട്ടിക്കിൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ആ ആഹാരം കുഴപ്പമാണ് ഈ ആഹാരം കുഴപ്പമാണ് പിന്നെ എന്ത് കഴിക്കും ഇന്ന കാരണങ്ങളാൽ ഇന്ന ആഹാരത്തിന് ഇന്ന ദൂഷ്യമുണ്ട് ആ ദൂഷ്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് മറ്റൊരു നിവർത്തിയില്ലെങ്കിൽ തന്റെയുടെ കഴിക്കുക നിങ്ങൾ നിങ്ങളുടെ സ്രവങ്ങളെ ഒതുക്കി നിർത്തുക നേരിടുക ഇതൊക്കെയാണ് പത്യം ഇങ്ങനെയൊക്കെയാണ് ജീവിക്കേണ്ടത് ചില സാഹചര്യങ്ങളിൽ പറ്റില്ല ഭയന്നുകൊണ്ട് കഴിക്കരുത് ഇതൊക്കെ കുഴപ്പമുള്ളതാണ് അറിയാം ഇപ്പൊ എനിക്ക് നിവർത്തിയില്ല ഇതിനനുഗുണമായി വേണം എന്റെ സ്രവങ്ങൾ അവനെ കഴിച്ചത് അതിന് വിപരീതമായി എന്റെ സ്രവങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ടാണ് അത് ദൈവമായി നേരെയാക്കിത്തരണേ എന്ന് വിചാരിച്ചിട്ട് കഴിക്കാൻ തന്നെ ഇടം കാണിക്കുക കഴിച്ചു പോയാൽ കഴിച്ചു ഭയപ്പെടരുത് ചാരായം വിഷമാണ് രാഷ്ട്രത്തിന്റെ ഖജനാവ് അതുകൊണ്ടാണ് നിലനിൽക്കുന്നത് രാഷ്ട്രത്തിന് വിൽക്കണം രാഷ്ട്രത്തിന് വിൽക്കണം ഖജനാവിൽ പണം ഉണ്ടാകണം കഴിച്ചാൽ രോഗവും വരും അത് വിചാരിച്ചോണ്ട് കഴിക്കരുത് നാട് നന്നാക്കുകയും മരിക്കുകയും കൂടെ നിങ്ങളുടെ നാട് നിന്നാക്കുന്ന കുടിയന്മാരാ അതുകൊണ്ട് പറഞ്ഞതാ വീടും കുടുംബവും തകർത്തും സ്വന്തം ആരോഗ്യം തകർത്തും സ്വന്തം കരള് തകർത്തും ഈ നാടിന് സൗഭാഗ്യം ഉണ്ടാക്കി തരുന്നത് അവരാ അത്രയും ത്യാഗികൾ സാമിമാരൊന്നും അല്ല സാമിമാര് നോക്കുകയൊക്കെ ആയിട്ട് പോകുന്ന കാലമാണ് ഞാൻ ആരെയും പിടിക്കുന്നില്ല വസ്തുതകൾ വസ്തുതകൾ ആയി പറയുന്നത് ഞാൻ ഇതുവരെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്സ് മാത്രം ശരിയല്ല പിന്നെ അതിൽ വിചാരണ വന്നത് നിങ്ങളാണ് നിങ്ങൾ ഇത്രയും കാലായിട്ടേ ക്ലാസ് കേൾക്കാൻ പറ്റും പറയാറുണ്ട് നിയർ സ്റ്റേറ്റ്മെന്റ്സ് അതിനോട് ദ്വേഷവും ഇല്ല അതുകൊണ്ട് നല്ലപോലെ ആലോചിക്ക അതുകൊണ്ട് ആദ്യം രോഗം വരാതിരിക്കാനും വന്ന രോഗം പോകാനും ഒരു വൈറസിനെയും ഒരമീബയെയും ഒരു എലിയെയും ഒരു ജീവിയെയും ഒരു സംഭവത്തെയും ഒരു കോശത്തെയും ശത്രുവായി കാണാതിരിക്കുക മനസ്സേറ്റവും ധനാത്മകമായി ഉയർന്നു നിൽക്കുക ആദ്യം ചെയ്യേണ്ടതാണ് അതുകൊണ്ടാണ് പറഞ്ഞത് അർബുദ കോശം സാധാരണ കോശമാണ് അത് നമ്മുടെ ശരീരത്തിന്റെ ഭാഗമാണ് നമ്മള് കഴിച്ച് ആഹാരം പജിച്ച് രൂപാന്തരപ്പെട്ട് ഉപാപചയം കൊണ്ടുവന്നതാണ് അത് നമ്മുടെ ഭാഗമാണ് നമ്മൾ വിരിക്കട്ടെ പതുക്കെ നോക്കാം കുറഞ്ഞ ഇവൻ എന്തൊക്കെ കാണിക്കുമെന്നൊന്നറിയാ ഏതായാലും പോകുമെന്നാ മാറ്റും പറഞ്ഞു അങ്ങനെ ചിരിക്കാൻ കഴിയുക പണ്ടൊരു നമ്പൂതി നടന്നു പോവാണ് തൊണ്ട് പറയും നിങ്ങളുടെ നാട്ടിൽ പറയാ ഇടവഴി ഇടവഴിക്ക് എന്താ പറയുക തൊണ്ട ആ ഈ ഇടവഴിയിൽ കൂടി ഇങ്ങനെ നടന്നു പോകാം തൊണ്ടിക്കൂടെ രണ്ടു വശത്തും കയ്യാതെ പുല്ലാനി ഇങ്ങനെ പടന്ന് കിടക്കുകയാണ് മോളിൽ കൂടെ പുല്ലാനി എന്ന് പറഞ്ഞൊരു ചെടിയാണ് അപ്പം പുറകെ ഒരു നായർ ചെല്ലുമെടുത്തുണ്ട് ചെരുമേനിയും കുടുമേയും ഒക്കെ കെട്ടി മുൻ കഷണ്ടിയൊക്കെ ആണെങ്കിലും ഒരു പിൻകുടുമയുണ്ട് അതുമൊക്കെ കെട്ടി മുമ്പിൽ നടക്കുക അപ്പോഴാണ് Premises, ീ തൂങ്ങി കിടന്നിട്ട് മൂർഖനൊരു കൊത്ത് വെച്ച് തലക്കൊത്തി നല്ലൊരു കെട്ടിയാ മറ്റേ നായര് അയ്യോ തിരുമേനി എന്താ ഏപ്യൻ ഒച്ച വെക്കുന്നത് അല്ലതിരുമേനി പാമ്പ് പാമ്പ് എവിടെയാടാ പാമ്പ് അല്ലതിരുമേനി മോളില് പുല്ലാന് നീ അതെവിടെ അല്ലതിരുമേനി പിന്നെ എന്തോ അല്ല എ പ്യൻ പറഞ്ഞു തുടയ്ക്കേ പറഞ്ഞു തിരുമേനി തലേ കടിച്ചു ആരുടെ എന്റെയോ നിന്റെയോ അല്ല തിരുമേനിശിയായി ഇനി വേഷം മോളിലോട്ട് കേറി മനസിലായില്ല തിരുമേനി നടന്ന് വീട്ടിൽ പോയി ഇപ്പോലൊരു സുഖം വേണമെങ്കിൽ ഏഷ്യ നല്ല ഈ കാര്യസ്ഥന് കാര്യവസ്ഥന് കിടന്നിട്ട് കൊടുക്കാൻ വന്നില്ല കാരണം ഇപ്പൊ കാര്യസ്ഥനൊരു സംശയം തിരുമേനിയെ അല്ലേ കടിച്ചത് എന്ന് പറഞ്ഞ പോലെ ആവരുത് ജീവിതത്തോട് അത്രയും ലാഘവുണ്ട് മരണം നമുക്ക് മുമ്പിലുണ്ട് അതിന്റെ വല വിരിച്ചു വെച്ചിട്ടാണ് നമ്മൾ ജനിച്ചത് എല്ലാ മനുഷ്യനും സഞ്ചരിക്കുന്നത് മരണത്തിലേക്കാണ് ആരാദ്യം മരിക്കും ആരവസാനം മരിക്കുമെന്നൊന്നും നിശ്ചയമില്ല നിശ്ചിതമായ മരണത്തെ ഭയപ്പെടുന്നത് മണ്ടത്തരമാണ് ഉണ്ടെന്ന് എനിക്ക് നിങ്ങക്ക് ഉറപ്പുള്ളതും എപ്പ വേണമെങ്കിൽ അതിൽ രോഗവും മറ്റു കാര്യങ്ങളും ഒന്നും വേണ്ടാത്തതും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇവന്റെ പമ്പിങ് ഒന്ന് നിന്നാ മതി വെള്ളം വെച്ചും പരിചയക്കാരിൽ ഏർ പ്രഭാഷണ കേട്ടോണ്ടിരിക്കുന്നവരോ കൂടെ താമി പോകണ്ടാന്ന് പറഞ്ഞ് എടുത്തോണ്ടൊക്കെ പോകും അങ് എല്ലുന്നതിനും പോയിട്ടില്ല ഇതിനുള്ള നിയമം വല്ലു ചത്തു വരെ പിടിപിടാതിരിക്കുക എന്ന് അത് അനുഭവിച്ചറിയണം ജിമ ഇങ്ങനെ അവിടെ രോഗമൊന്നും വന്നാ ഭയപ്പെടരു പിന്നെ കൂട്ടുകാരോടും ബന്ധുക്കളോടും ഒക്കെ പറയണ അനുജമ്പ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ചാവുമ്പോ പിടിക്കാം ഇപ്പോഴെ കരയൊന്നും വേണ്ട പതുക്കെ കണ്ണുനീര് തള്ളവരലുകൊണ്ട് തുടച്ചിട്ട് പറയാ കരയാൻ പറയട്ട ഞാൻ പറയാൻ കരയാറാകുമ്പോൾ ഇപ്പൊ കരയാറൊന്നും ആയിട്ടില്ല ഞാനിങ്ങനെ ഉണ്ടാവും കരഞ്ഞു കാണിച്ച് ഞാനിപ്പോ പെട്ടെന്ന് പോകുന്നൊന്നും വിചാരിക്കണ്ടെന്ന് പറയാ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പോലും കഴിവില്ലെന്ന് അനുഭവം നിങ്ങളുടെ വിദ്യാഭ്യാസം കുളവാണ് അതുകൊണ്ടാണ് ഈ പ്രശ്നം പാവം വിദ്യാഭ്യാസത്തെ കുറിച്ചാ പറഞ്ഞതല്ല അത് നേരെയായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും അല്ല നിന്റെ രൂപം കണ്ട അറിയാൻ പാടില്ല പോയി കണ്ണാടി ലോക്ക് ഡേ അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരായിരം ഭയാശങ്കകളാണ് ഇത് അപകടമാണെന്നറിഞ്ഞാൽ ഉണ്ടാകുന്നത് അതുകൊണ്ട് ആദ്യം ശത്രുവാക്കാതിരിക്കുക മാത്രവുമല്ല ആ ഭയാശങ്കകളെ ഉളവാക്കുമ്പോൾ അത് ചികിത്സാപരമായി വ്യാവസായികമായി വിജയമാണെങ്കിലും രോഗിയുടെ ആയുർധരിക്ക ചിന്തിക്കുമ്പോൾ അത് പരാജയമാണ് ചികിത്സാപരമായി വലിയൊരു വിജയമാണ് കാരണം വിഷങ്കുരൻ പറഞ്ഞ സമയത്ത് മരിച്ചു ദിവ്യനായി മാറും അപ്പൊ അടുത്തവനെയും കൂട്ടി മകൻ ചെല്ലും അല്ലെ അച്ഛൻ ചെല്ലും ഇതെപ്പോഴാ തീരുന്നത് കാരണം അവിടെ ചെന്നാൽ കൃത്യമായിട്ട് പറയുവേ നല്ല ജ്യോതിഷിയാണ് ഒറ്റ നോട്ടേ നോക്കൂ അപ്പൂപ്പന്റെ പ്രേതം എവിടെ ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ അമ്മേ പറഞ്ഞതാ അയാള് പോവുകയാണ് നീ ഒന്ന് പോയി നോക്കിക്കത് ഇവിടെ ഇവിടെ അയാളിരിക്കേ ഒന്നര ലക്ഷം ചെലവഴിച്ചു ഇപ്പോഴും ഇറങ്ങിട്ടില്ല ജ്യോതിഷി വീണ്ടും പറഞ്ഞു ശരിയായിട്ടില്ല ഇനി വലിയ ആളെ കൊണ്ടുവരാൻ പോവാണ് അരയാ സൂര്യകാലടിയെ ആവാഹിച്ചു കൊണ്ടുപോ പുള്ളിയോ ആവാഹിച്ച പോവെന്നറിയില്ല അപ്പൊ ഇയാളിവിടെ കുടിയിരിക്കുന്നത് മറ്റവന്റെ കവിടിയെ കണ്ടു അവന്റെ മകള് പ്രായപൂർത്തി എത്തുമ്പോ വേറൊരുതിനോടൊപ്പം ഒളിച്ചോടിയത് ഇവന്റെ പോലും കണ്ടില്ല മനസ്സിലായില്ല ആയിരക്കണക്കിന് ആളുകൾക്ക് രാവിലെ നാളും പേരും ഉടനെ ഇവനെല്ലാം കണ്ടു പറയുകയാണ് അതാ നിങ്ങളുടെ വ്യക്തിത്വം ഇങ്ങനെ പറഞ്ഞാൽ എനിക്ക് രുചിക്കുവോ ഏ ആ വീടിന്റെ പരിസരത്തേന്ന് ഒന്ന് അന്വേഷിച്ചു നോക്കാം അന്നേരം മനസ്സിലാവും നിങ്ങളുടെ വീടിന്റെ അല്ല പറഞ്ഞ പോലെ മരണം പ്രവചിക്കുക നേരത്തെ ഇതിന് ബന്ധുക്കള് മിടുക്കലാണെ തോക്കുവായിട്ടാണ് പോകേണ്ടത് പണ്ട് അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു അറിയുമെന്നറിയില്ല കൃഷ്ണദേവരായരുടെ ഒരു മന്ത്രി എള് രാജാവ് എത്ര കാലം ഉണ്ടെന്നറിയാൻ രാജാവിനും ഭാര്യക്കും കൂടെ ഭാര്യയ്ക്കൊരു വലിയ വിഷമം ഈ രാജാവിന്റെ ആയുസ് എത്രയാണെന്നൊന്ന് കണ്ടുപിടിക്കണം ചില നേരത്തെ അങ്ങനെ ഈ ഭാര്യമാർക്ക് തോന്നുന്നു ഇനി ഇനി എത്ര കാലം ഉണ്ടാകും എന്നൊന്നറിയ ജ്യോതിഷി വന്നു പ്രശ്നമൊക്കെ വെച്ചു പന്ത്രണ്ട് ദിവസം ഉണ്ടാവും പറഞ്ഞു രാജാവ് പന്ത്രണ്ട് ദിവസേ ഉണ്ടാവു രാജാവ് ഇപ്പം ദർബാറിലേക്ക് വന്നില്ല ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചില്ല പ്രധാനമന്ത്രി എത്തി അദ്ദേഹം ചെന്നു എന്താണ് ചോദിച്ചു തിരുമനി എന്താണ് പറഞ്ഞു ഇന്ന പോലെയാണ് എടാ പന്ത്രണ്ട് ദിവസെന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ ഒക്കെ നടന്നിട്ടുണ്ട് ഉറപ്പാണ് ഉറപ്പാണ് ഇവരുടെ നിർബന്ധത്തിന് വെച്ചതായിപ്പോ ഇനി ഞാൻ വരുന്നില്ല ഈ പന്ത്രണ്ട് ദിവസമായിട്ട് ഞാൻ വരുന്നത് അതുകൊണ്ട് വേറെ എത്രയും വഴി നോക്കുക അല്ലേ നല്ലത് എന്നൊക്കെ പ്രധാനമന്ത്രിയോട് ചോദിച്ചു അദ്ദേഹം പറഞ്ഞാലും ഞാനൊന്നും നോക്കട്ടെ അപ്പൊ ജ്യോതിഷയെ വിളിച്ചോണ്ടെന്നിട്ട് പറഞ്ഞു ഒന്നുകൂടെ പ്രശ്നം വെക്കാൻ പറഞ്ഞു രാജാവിനെയും കൊണ്ടിരുന്ന് വെച്ചു ഞാൻ ഇന്നു വരെ സത്യേ പറഞ്ഞിട്ടുള്ളു ഇദ്ദേഹം പന്ത്രണ്ട് ദിവസേ ഉണ്ടാവു തീരുമാനമാണ് തീരുമാനമാണ് കടും കയ്യല്ലോ ജ്യോതിഷതേ എന്ന് പറഞ്ഞു അതെന്താ അങ്ങയുടെ ഒന്ന് വെച്ച് എത്ര നേരം ഉണ്ടെന്ന് അറിയാൻ എത്ര കാലം ഉണ്ട് ഞാൻ തൊണ്ണൂറ് വയസ്സ് വരെ ഉണ്ടാവും ഇപ്പൊ എത്ര വയസ്സുണ്ടോ അമ്പത് നേരെ അവാൾ തലയെ കൂടെ പോയി തല താഴോട്ട് പോകണപ്പൊ രാജാവിനോട് പറഞ്ഞ് കണ്ടില്ലേ ഞാനിത് ഇന്നലെ തീരുമാനിച്ചതാ അങ്ങയുടെ പ്രശ്നം വെച്ചപ്പോഴേ ഞാനിവനെ കളയാണ്ട് അത് ഇവന്റെ കവിഡി തെളിഞ്ഞില്ല ഇപ്പൊ കണ്ടില്ലേ ഇവന്റെ ആയിസ് കിടക്കുന്നത് ഇത്രയേ ഉള്ളൂ അങ്ങോട്ട് ഇങ്ങനെ പോകുന്നില്ല അപ്പൊ മനസ്സിലായില്ല ഇത്തരം പ്രധാനമന്ത്രിമാർ ജനിക്കേണ്ട സമയമായി ഇല്ലെങ്കിൽ ബന്ധുക്കൾ ഇങ്ങനെ ആകേണ്ട സമയമായി മറ്റുള്ളവന്റെ മരണം പ്രവചിക്കുമ്പോൾ മറ്റുള്ളവന്റെ ദുഃഖങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ സ്വന്തം ദുഃഖത്തിന്റെയും സ്വന്തം ജീവിതത്തിന്റെയും തലമെന്താണെന്ന് തിരിച്ചു ചോദിക്കുവാനും അതിനെ പ്രവചിക്കുമ്പോൾ അങ്ങനെയല്ല നിന്റെ ദുഃഖം ഞാൻ തരാൻ പോവുകയാണെന്ന് പറഞ്ഞ് കൊടുക്കാനും പറ്റുന്ന ശേഷിയും ചേമുഷിയുമുള്ളവൻ ഉണ്ടാകേണ്ട കാലം എത്തിക്കഴിഞ്ഞു വാക്കുകൾ അസ്ത്രങ്ങളെക്കാൾ ശക്തി കൂടിയവയാണ് വാക്കുകൾ മനുഷ്യന് കിട്ടിയിരിക്കുന്നത് ഈശ്വരൻ്റെ ഭാഷ അതിനെ ഉപയോഗിക്കേണ്ടത് അന്യന്റെ നന്മയ്ക്കും അന്യൻ്റെ ഉപകാരത്തിനും അന്നൻ്റെ ആയുധൈർഘ്യത്തിനും അന്നൻ്റെ രോഗ നിവാരണത്തിനും വാക്കാണ് ഏറ്റവും വലിയ ഔഷധം അതിന് കരുത്തുണ്ടാകുമ്പോൾ മാത്രമാണ് ബന്ധുക്കൾ ബന്ധുക്കളാകുന്നത് അത് നൽകുമ്പോൾ മാത്രമാണ് വിഷഖരൻ വിഷഖഖുരനാകുന്നത് ഇല്ലാത്ത ശാസ്ത്രങ്ങളെയെല്ലാം വളച്ചും തിരിച്ചും സ്വന്തം സങ്കല്പങ്ങളിലൂടെ കൊണ്ടുപോയി തെറ്റായ നിഗമനങ്ങളിലെത്തി മനുഷ്യനിൽ ഉത്കണ്ഠയും ഭയവും നൽകി ഒരു കച്ചവട സാധ്യതയെ വളർത്തിയെടുക്കുന്ന ലോകം വിദ്യാഭ്യാസത്തിന്റെ ലോകമല്ല അജ്ഞതയുടെ ലോകമാണ് ഏത് ദർശനം നിരത്തിയും ഏത് സങ്കല്പങ്ങൾ നൽകിയും മാനവ മനസ്സിനെ ധനാത്മകമായ ഒരു പ്രകൃതത്തിലേക്ക് വളർത്തി ജീവിക്കാനുള്ള ഇച്ഛയും ജീവിക്കുവാനുള്ള ത്വരയും ജീവിക്കുവാനുള്ള അഭിവാംശയിൽ അന്യൂനമായ ശക്തിയും നൽകുവാനായിരിക്കണം നിങ്ങളുടെ ഉപകരണങ്ങളും നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ ആഹാരവും നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ പ്രമാണങ്ങളും അല്ലാത്ത പ്രമാണങ്ങളെയും മാനവൻ വിവരമുണ്ടെങ്കിൽ നിഷേധിക്കണം മനസ്സിലാവു പിടികിട്ടു ആകും എവിടെ മനസ്സിലായില്ല ഏ അർബുദം പഠിക്കുമ്പോൾ ഇത് പ്രത്യേകം അർബുദം ഉള്ളവരെ കണ്ടാൽ പ്രത്യേകം ഓർക്കണം അർബുദ രോഗികൾ പേർത്തും പേർത്തും ഓർക്കണം ഞാന് നന്മ ചെയ്തിട്ടുള്ളതാണ് ചുമ്മാതല്ല എങ്കിൽ ഈ രോഗം വന്നത് ആയിരക്കണക്കിന് ആളുകൾക്ക് ആശ്വാസം നൽകാൻ എന്നെയാണ് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ പ്രകൃതി അചഞ്ചലമായ ബുദ്ധിവൈഭവവും ശക്തിയും ക്ഷമയുമുള്ള എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഈ രോഗത്തോട് ഞാൻ മല്ലിട്ട് ജയിക്കുന്ന ഒരു സുന്ദര നിമിഷത്തിൽ എന്ന പ്രതി ആയിരങ്ങൾ പ്രതീക്ഷാനിർഭരമായി ഇത് മാറുന്നതാണെന്ന് കണ്ടെത്തുന്നു ഞാൻ വിഷദ്കുരന്മാരുടെ അടുക്കിലേക്ക് അല്ല പോകുന്നത് ശക്തി കൊണ്ട് ഇതിനെ അതിജീവിച്ച് രംഗത്തു മറ്റുള്ളവരോട് പറയാൻ ഇതാ ഞാൻ ജീവിച്ചിരിക്കുന്നു നീയും ജീവിക്കുമെന്ന് പറയാൻ എൻ്റെ നാട്ടിലുള്ളവർക്ക് ഇനി രോഗം വന്നാൽ ഒരാളും ഈ രോഗം കൊണ്ട് ഭയപ്പെടാതിരിക്കാൻ ഞാൻ ഈ നാടിന്റെ ഒരു ദീപ ഉണ്ടാകാൻ ഈ രോഗം എനിക്ക് വരദാനമായ ദൈവം തന്നതാണ് ഈ പരീക്ഷണത്തിൽ ഞാൻ ജയിക്കുമ്പോഴാണ് ഞാൻ ഈശ്വരൻ ഏറ്റവും അടുത്തവനും ഏറ്റവും വേണ്ടപ്പെട്ടവനും ഏറ്റവും വലിയ ഭക്തനും ആയി തീരുന്നതെന്ന് ഞാൻ തിരിച്ചറിയുന്നു എന്ന് ചിന്തിക്കണം അല്ല ദൈവം ചതിച്ച ചതി എന്ന് ചിന്തിക്കരുത് മനസ്സിലായില്ല ഇത് തല കയറുമോ അവിടെ വല്ലതും ഇടയുണ്ടോ എവിടേക്ക് വേണ്ടാത്തതും ഒക്കെ കുത്തി നിറച്ചു കഴിഞ്ഞു വേസ്റ്റ് മുഴുവൻ വാരി ഇട്ട് തലയ്ക്കകത്ത് വേറെ എവിടെയാണ് കിടന്നെ ഇനി എന്റെ മൂലയിൽ എങ്ങനെയൊരു ഇടം ഉണ്ടെങ്കിൽ ഇതൊരു ശകലം കയറ്റി പറയാൻ തുടങ്ങാ അതുകൊണ്ട് പലപ്പോഴും ചികിത്സാപരമായി വിജയമല്ല എന്നും പറയേണ്ടി പകരം ചികിത്സ തന്നെയാണ് മൃത്യുവിലേക്കുള്ള വാതിലായിത്തീരുന്നത് അർബുദ കോശങ്ങൾ സാധാരണ കോശങ്ങളെപ്പോലെ തന്നെ സുഖം പ്രാപിക്കുന്നവ തന്നെയാണ് അവ പഴുത്താൽ ഉണങ്ങും മുമ്പ് അങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത് വേറൊരു ചെറിയ സാധനം ഒരു പിടി ഞവട അരി വേവിച്ച് കുറുക്കി അതിനകത്തേക്ക് ഒരു പപ്പായയുടെ കായ നടുവേ മുറിച്ച് തേങ്ങ ഉടയ്ക്കുന്ന പോലെ മുറിച്ച് അതിൻ്റെ അകത്തെ കുരുവും അതിൻ്റെ അകത്തെ പൊടിയുമെല്ലാം കൂടെ കളഞ്ഞ് ഒരു തുണി കൊണ്ട് നന്നായി തുടച്ചെടുത്ത് കറകളയാതെ പതുക്കെ ചീങ്കിയെടുത്ത് വെന്തു വരുന്ന കുറുക്കിയെടുത്ത ഞരയുടെ ആ കുറുക്കിനകത്തേക്ക് ഈ സാധനം നല്ലപോലെ ഇളക്കി വ്രണത്തിൽ വെച്ചാൽ ഏത് അർബുദ കോശവും ഉണങ്ങും ഏത് ബെഡ്സോറും ഉണങ്ങും ഏത് അർബുദ കോശവും ഉണങ്ങും ഏത് വ്രണവും ചീഞ്ഞു നാറുന്നത് അന്ന് ആറ്റത്തു നിന്ന് െ പരീക്ഷിക്കാം കടുക്കാത്തോടും നെല്ലിക്കാത്തോടും താന്നിക്കാത്തോടും നൂറ് ഗ്രാം വീതമെടുത്ത് നാല് ലിറ്റർ വെള്ളത്തിൽ തിളപ്പിച്ച് ഒരു ലിറ്ററാക്കി പിഴിഞ്ഞരിച്ചെടുത്ത് ആ വ്രണമങ്ങ് ധാര ചെയ്ത് അല്പം ജാത്യാദികൃതത്തിൽ നാഗഭസ്മോ രസസുന്ദൂരമോ ചേർത്ത് പുരട്ടിയാൽ അവൻ മാരകമായ പഴുപ്പാണെങ്കിൽ എന്ന് പറഞ്ഞാൽ പത്ത് കൊല്ലമായി പഴുത്തൊലിച്ച് ചീഞ്ഞ് നാടി നടക്കുക പുഴുവുണ്ട് കാഞ്ഞിരത്തിൻ്റെ പൊറ്റ പൊളിക്കുമ്പോൾ അകത്തുള്ളയാ ചുവന്നത് വലിയ മൂത്ത കാഞ്ഞിരത്തിൻ്റെ ചരണ്ടിയെടുത്ത് ഒരൽപ്പം നാടൻ കോഴിയുടെ കാഷ്ടവും അല്പം നാടൻ പശുവിൻ്റെ ചാണകവും ചേർത്ത് പൊടിച്ച് അല്പം പച്ചക്കർപ്പൂരം മണം കൊണ്ടാളുകൾ തിരിച്ചറിയാതിരിക്കാൻ ചേർത്ത് സാധനം കണ്ടുപിടിക്കാതിരിക്കാൻ ചേർത്ത് നല്ലപോലൊരു തുണിയാ വ്രണത്തിന് മുകളിൽ വെച്ച് അതിൻ്റെ പുറത്ത് തൂളിക്കൊടുത്താൽ വെള്ളം മുഴുവൻ തള്ളും ആ കോശം ചുങ്ങും അങ്ങനെ തള്ളി തള്ളി തള്ളി അതിൽ വെള്ളമില്ലാതായാൽ നേരെയാ പൊടിയിട്ട് കൊടുത്താൽ ഉണങ്ങും അണലി കടിച്ചു പഴുക്കുന്ന വ്രണത്തിനും അർബുദവ്രണത്തിനും ഏറ്റവും ഫലപ്രദമായ ഔഷധങ്ങളിലൊന്നാണിത് വളരെ സിമ്പിളാണ് അതുകൊണ്ടാണ് അർബുദ അർബുദകോശം ആധുനികമായ ആൻറ്റിബയോട്ടിക്കുകളൊന്നും വഴങ്ങാതിരിക്കുകയും പഴുക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് അർബുദ കോശം സാധാരണ എന്ന തെറ്റിദ്ധാരണ വന്നിരിക്കുന്നത് നാട്ടിൽ പരീക്ഷിക്കാവുന്ന സാധനമാണ് ഗലിപ്പന്നിലും വെള്ളലിലും ഒന്നും വേണ്ട അർബുദ കോശങ്ങൾ സാധാരണ കോശങ്ങളെപ്പോലെ തന്നെ സുഖം പ്രാപിക്കുന്നവ തന്നെയാണ് മുൻകാലങ്ങളിൽ ആധുനിക ഗവേഷകർ ധരിച്ചിരുന്നത് അർബുദ മന്യവസ്തുക്കളുമായുള്ള പ്രതികരണത്തിന്റെ ഫലമാണെന്നായിരുന്നു എന്നാൽ ഇന്ന് ഗവേഷണങ്ങൾ അർബുദ കോശങ്ങൾ തന്റെ സ്വഭാവത്തിന്റെ പ്രകടനങ്ങളായി ോധ്യപ്പെട്ടു വരുന്നു ഞാൻ പറഞ്ഞു കഴിഞ്ഞതാ വിശദീകരിച്ചതാ അർബുദ കോശങ്ങൾ തൻ്റെ ശരീരത്തിൽ അന്യവസ്തുക്കൾ ആന്റിബോഡീസ് അവയുടെ റിയാക്ഷൻ ആണെന്നാണ് പറഞ്ഞത് ക്യാൻസറോജനിക് സബ്സ്റ്റൻസസ് അങ്ങനെയാണ് അതിന് പേര് പറയുകിടിയുണ്ട് നേരത്തെ ഒന്ന് പറഞ്ഞാണെന്ന് തോന്നുന്നു പറഞ്ഞു അവസാനം ഇപ്പം ക്യാൻസറോജനിക്ക അടുത്ത കാലത്ത് അങ്ങനെയും പഠനം വന്നു കഴിഞ്ഞു ഇനി ഭാര്യ കുറച്ച് കഴിഞ്ഞാല് ഇന്റർനാഷണൽ കോർട്ടില് തനിക്ക് ക്യാൻസർ വന്നതിന് ഭർത്താവിനെതിരെ കേസുകൾ കേസ് കൊടുത്തു കൂടാകയില്ല ഒരു മൂന്നാല് കോടി ഡോളർ അതിനും വിധിച്ചുകൂടാകില്ല അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ അവിടം വരെ എത്തിയിട്ടുണ്ട് സംഗതി ശാസ്ത്രത്തിന്റെ പോക്ക് വളരെ വിചിത്രമാണ് അതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത് എന്നാൽ ഇന്ന് ഗവേഷകർ അത്ഭുത കോശങ്ങൾ തന്റെ തന്നെ സ്വഭാവത്തിന്റെ പ്രകടനങ്ങളായി ബോധ്യപ്പെട്ടു വരുന്നു ഇവിടെയാണ് ആധുനിക പഠനങ്ങൾ ഗിരിപ്പന്നിയിലും വെള്ളലിയിലും മറ്റും നടത്തി മുന്നേറുന്ന ആധുനിക ശാസ്ത്രങ്ങളുടെ സങ്കേതങ്ങളുടെ ചോദ്യം ആ സങ്കേതങ്ങളെ ചോദ്യം ചെയ്യാവുന്നത് തൻ്റെ ശരീരത്തിന്റെ ഒരു പ്രക്രിയയാണെങ്കിൽ മറ്റൊരു ജീവിയിൽ പരീക്ഷിച്ചെറിഞ്ഞ മരുന്നുകൾ എങ്ങനെ തന്നിൽ പ്രയോജനപ്രദമാകുമെന്ന ഉത്തരം പ്രത്യേക പ്രസ്താവയോഗ്യമാണ് മനസ്സിലായില്ല മനസ്സിലായില്ല എന്റെ കോശം എന്നിലെഗ്രോസൈറ്റ് എന്നിൽ രൂപാന്തരപ്പെട്ട് കോശകലനാ വൈചിത്യത്തില് പരിണാമമുണ്ടായി രോഗമായി തീരുന്നുവെങ്കിൽ അന്യജീവികളിൽ പരീക്ഷിച്ചറിഞ്ഞ റിസൾട്ടിന്റെ ഫലമായി ഉണ്ടാകുന്ന ഔഷധങ്ങൾ എങ്ങനെ മാനവ ശരീരത്തിന് പ്രയോജനപ്രദമായി ഈ പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും എല്ലാം നടത്തുമ്പോഴും അങ്ങനെ ഉണ്ടാക്കിയ മരുന്നുകളുടെ വിൽപ്പന നടക്കുന്നു എന്നുള്ളതാണ് വളരെ വിചിത്രമായ വസ്തുവാണ് ജീവരോഗം അനാവശ്യമായി ജീവരോഗ പരീക്ഷണത്തിന്റെ പേരിൽ നടന്ന ഹിംസകളെല്ലാം ഖത്തം ഘട്ടമായി വിശകലനം ചെയ്യുമെങ്കിൽ എത്ര കോടി ജീവികളെ പരീക്ഷണത്തിന് കൊന്നുകിളഞ്ഞു ജീവൻ എല്ലാത്തിലും തുല്യമാണ് തിന്നാൻ വേണ്ടി ഒന്നിനെ പിടിച്ചു തിന്നത് മനുഷ്യന്റെ പരീക്ഷണത്തിന് വേണ്ടി കൊന്നൊടുക്കിയിട്ടുള്ള ആ ഹിംസയുടെ പഠനങ്ങൾ മാത്രമെടുത്താൽ മറ്റൊരു പഠന രീതിയുടെ അനിവാര്യത ബോധ്യമാവും ഈ പഠനരീതി അപര്യാപ്തമാണെന്നും ഇത് കാടത്തമാണെന്നും ഇതൊരപരിഷ്കൃതമായ പഠന രീതിയാണെന്നും മനുഷ്യൻ എല്ലാത്തിലും ഉയർന്ന അവന്റെ സുഖ പരീക്ഷണത്തിനായി എല്ലാ ജീവികളും അവയുടെ ജീവൻ ബലിയർപ്പിക്കണമെന്നുമുള്ള ഒരു രീതിയാണ് ശാസ്ത്രത്തിന്റെ രീതിയെന്നും അതിൽ നിന്ന് ഉൽപ്പന്നമാകുന്ന ഫലം ഹിംസയുടെ ഫലമാണെന്നും അത് ഏറ്റുവാങ്ങേണ്ടി വരുന്നത് പോലും പാപമാണെന്നും അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പഠന രീതി അനിവാര്യമാണെന്നും ഒരു പരിഷ്കൃത രോഗത്തിന് നാളെ തോന്നാൻ ഇടയുണ്ട് നിങ്ങൾക്ക് പരിഷ്കാരം ഉണ്ടെങ്കിൽ മനസ്സിലാവും ശരിയല്ല എനിക്ക് ജീവിക്കണം എന്റെ മരുന്ന് കച്ചവടം ചെയ്യണം അതിനായിരം ഗിരിപ്പന്നിയെ പതിനായിരം വെള്ളലിയെടുത്ത് പരീക്ഷിച്ച് കൊല്ലുക അത് കഴിഞ്ഞ് ആയിരം ആരോഗ്യമുള്ള മനുഷ്യനെ പിടിക്കുക നിനക്ക് അമ്പതിനായിരം തരാം നിന്റെ കോശം എനിക്ക് വിട്ടുതരുന്നതിനെ പരീക്ഷിക്കാൻ അതിനിടെ നീ മരിച്ചു നീ ഇതിൽ ഒപ്പിട്ട് തരണം നിനക്ക് എന്തെങ്കിലും കുഴപ്പം വന്നാൽ അതൊക്കെ ഉത്തരവാദി നീയാണ് ഈ കാശിനു വേണ്ടി ഇതുവരെ വളരെ കാഠത്തം തന്നെയാണ് രോഗബന്ധമായി മരിക്കുന്നത് മനസ്സിലാക്കാം അത് നാച്ചുറൽ എങ്കിലും ആണ് അതിനുവേണ്ടി പരീക്ഷണം നടത്തുന്നു എന്ന് പറയുന്ന ശാസ്ത്രലോകവും അതിനെ പിൻപറ്റുന്ന വ്യവസായ ലോകവും അതിനുവേണ്ടി നിയമമുണ്ടാക്കുന്ന ഭരണാധികാരികളും ലോകത്തിലെ ഏറ്റവും വലിയ കാടന്മാരാണ് അതിന്റെ ഫലം അനുഭവിക്കുന്നവൻ എങ്ങനെ രോഗത്തിൽ നിന്ന് മുക്തനാകും ഹിംസാതന്തുരമായ നിങ്ങളുടെ അമ്മ ഗിരിപ്പന്നിയുടെ ദേഹത്ത് മുറി ഉണക്കാൻ അത് ഭക്ഷണത്തിനുപയോഗിക്കുന്നു അതിന്റെ രുചി അതിന്റെ ഭേദം എല്ലാം ഭക്ഷണത്തിനോ ഔഷധത്തിനോ ആ സാധനം ഉപയോഗിക്കുന്നു ആ സാധനം ഔഷധത്തിന് ഉപയോഗിക്കുന്നതു കൊണ്ട് ശരീരത്തെ ഔഷധം കുത്തിവെച്ച് കൊല്ലുക നിങ്ങൾ ഔഷധത്തിനായി ഉപയോഗിക്കുന്നു നിങ്ങൾ ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നു പരസ്പരം അത് സസ്യങ്ങളെ ജന്തുക്കൾ ഉപയോഗിക്കുന്നു ജന്തുക്കളെയും സസ്യങ്ങളെയും മനുഷ്യനുപയോഗിക്കുന്നു മനുഷ്യനെ പിടിച്ച് ജന്തുക്കൾ ഉപയോഗിക്കുന്നു ഗവേഷണത്തിനല്ലത് അതും ഇതും ഞാൻ പറഞ്ഞത് രണ്ടാണ് മനസ്സിലായില്ല ഒരു പട്ടിയുടെ ശരീരത്തിൽ ഒരു മരുന്ന് കുത്തിവെച്ച് അതിന്റെ പരിണാമം പഠിക്കുക എന്ന് പറയുന്നതും എന്നിട്ട് അതിനെ തിന്നാനും കൊള്ളുക അങ്ങനെ ആയിരണ്ണത്തിനെ പരീക്ഷിക്കുന്ന ഒരു മനുഷ്യന്റെ ക്രൂരതയാലും വിശ്വസിക്കുകയും അവനാളെ പിശക്കുരനായി വന്നാൽ ആ ക്രൗര്യമല്ലാതെ ക്രൗര്യമല്ലേ മറ്റുള്ള ആഹാരമാണ് ത്സം പറഞ്ഞുള്ള വ്യത്യാസം മനസ്സിലായോ ക്ലിയറായോ എന്റെ ആക്ഷേപമൊന്നും നിങ്ങക്ക് വിദ്യാഭ്യാസം ഉള്ളവർക്ക് വിദ്യാഭ്യാസം അയാൾക്ക് ഒരുപാട് വിദ്യാഭ്യാസം ഉള്ളതാണ് അയാൾ ഈ അമേരിക്കയിൽ നിന്ന് പെട്ടെന്ന് കഴിഞ്ഞിട്ട് ഇനി വന്നിട്ട് കഴിഞ്ഞ ഫ്ലൈറ്റിലാണ് ലാൻഡ് ചെയ്ത് ഇത് പറയുമ്പോ അയൽ നിങ്ങളെയൊന്ന് പറ്റിക്കാനാണ് കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ പറയുമ്പോഴെല്ലാം അയാൾക്ക് ഒരുപാട് വിദ്യാഭ്യാസം ഉണ്ടെന്ന് നിങ്ങളെ ഒന്ന് തോന്നിപ്പിക്കാനാണ് അവിടെ എട്ടാം ക്ലാസ്സിൽ വൃത്തി പിന്നെ എം കെ കെ നായരുടെ ഒരു ഔദാര്യം കൊണ്ട് ചീട്ടിന്റെ പുറയിൽ സിഗരറ്റ് കൂടിന്റെ പുറയിൽ എങ്ങാണ്ട് ഒരു അപ്പോയിന്റ്മെന്റ് കൊടുത്ത് കുറേ കേരള അതിനകത്ത് ജോലി ചെയ്തിട്ടുണ്ടെന്നുള്ളത് വേറെ കാരണം ഈ ഉണ്ണിത്തമാരും നായന്മാരും ഒക്കെ അന്ന് എം കെ കെ നായർക്ക് വലിയ പ്രിയമായിരുന്നു അത് തയ്ക്കാനില്ല എന്നാണ് പിന്നെ പറയുന്നത് അഞ്ചുമണിയായി എന്നാലും അതുകൊണ്ട് മറ്റൊരു പഠന അനിവാര്യത നിനക്ക് ബോധ്യമാവും ഇവിടെയാണ് ചരകന്റെ പ്രതിജ്ഞ ശ്രദ്ധേയമാകുന്നത് ഏറ്റവും പ്രാചീനമായ ശാശ്വതോയം ആയുർവേദ അനാദിത്വ ഭാവസ്വഭാവനിത്യത്വ സ്വഭാവ സംസിദ്ധ ലക്ഷണത്വ അർബുദ ചികിത്സയിൽ ഇത് പ്രത്യേകം പ്രസ്താവയോഗ്യവുമാണ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കാരണം അത് പറഞ്ഞിരിക്കുന്ന ആയുർവേദം ശാശ്വതമാണ് പ്രതിജ്ഞയല്ലേ ഞാനീ തരുന്ന ശാസ്ത്രം ശാശ്വതമാണ് ഇന്ന് തരുന്നത് അമ്പതിനായിരം വർഷം കഴിഞ്ഞ് ഇതിൽ പറഞ്ഞ ഒരു ഔഷധവും ഇതിൽ പറഞ്ഞ ലക്ഷണവും ഉള്ള രോഗവും തമ്മിലുള്ള ബന്ധം നോക്കിയാൽ ഒരു ഗിരിപ്പന്നിയെയും കൊല്ല അതൊരു വെള്ളരിയേയും കൊല്ല അതൊരു മനുഷ്യന്റെ ശരീരത്തിലും പരീക്ഷിക്കാതെ കണ്ണടച്ചെടുത്തു കൊടുത്താൽ മാറി വന്നു ഇങ്ങനെ പറയണമെങ്കിൽ ചില്ലർ ഭക്ഷണം മതിയാകുമോ ഇന്ന് പിടിച്ചു വെച്ച് പരീക്ഷണമൊക്കെ നടത്തി കണ്ടുപിടിച്ചു വരുമരുന്ന് പത്ത് കൊല്ലം കഴിയുമ്പോൾ ആയിരം പേർക്ക് സൈഡ് എഫക്ട് ആയെന്ന് മാർട്ടിന്റെ എക്സ്ട്രാ ഫാർമ കോപ്പിയ തേർട്ടി ഫസ്റ്റ് പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോഴേക്ക് അല്ലെ തേർട്ടി തേട പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോഴേക്ക് ഈ മരുന്ന് മാർക്കറ്റിൽ നിന്ന് ആരോരും അറിയാതെ പിൻവലിക്കും അടുത്ത സാധനം എനിക്ക് വരും മനസ്സിലായില്ല ഡോക്ടർ ഇതാണ് ഞങ്ങളുടെ കമ്പനി ഇറക്കിയ സാധനം പ്ലാസിപ്ലക്സ് ഇത് വളരെ നല്ലതാണ് ബ്രെയിൻ വളരെ പാസിഫൈ ആകുന്നതാണ് ഇത് വളരെ ഉഗ്രനാണ് ഡോക്ടർ ഇതൊന്ന് കൊടുത്തു നോക്കൂ രോഗിക്ക് ഇതാ ഡോക്ടർ ഇത് കൊടുക്കുന്നതിന് ഞങ്ങൾ പാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഞങ്ങൾ ഫ്രിഡ്ജ് കൊണ്ടുവന്നിട്ടുണ്ട് ഡോക്ടർക്ക് ഇതാ മരുതീകരണം തരാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് പതുക്കെ ഇത് അങ്ങ് ഏൽപ്പിച്ച് കൊല്ലം കൊടുത്തു കഴിയുമ്പോൾ ഡോക്ടർ ആ മരുന്നിലേക്ക് കൊടുക്കാൻ പറ്റില്ല ആ മരുന്നിനൊരു സൈഡ് എഫക്ട് ഉണ്ട് അത് ഇന്ന പോലെ വേറൊരു രോഗം ഉണ്ടാക്കും ആയിരക്കണക്കിന് ആളുകൾ മരിച്ചിരിക്കുന്നു ഞങ്ങളത് പിൻവലിച്ചിരിക്കുന്നു ഇതാ ഡോക്ടർ പുതിയൊരു ഫോമുല ആദ്യം കൊടുത്ത റെപ്രസെന്റേറ്റീവ് തന്നെ വന്നെത്തുമ്പോൾ ഇത് ശാസ്ത്രമാണെന്ന് പറഞ്ഞ് ചുമക്കുന്ന നിങ്ങളും അത് ശാസ്ത്രമാണെന്ന് പറഞ്ഞ് നിങ്ങളിൽ ഏൽപ്പിക്കുന്ന അവരും അതിനനുമതി കൊടുക്കുന്ന ഭരണാധികാരികളും അതിനെ വേൾഡ് വൈഡ് ആയിട്ട് വർദ്ധിപ്പിക്കുവാനോടുന്ന മാധ്യമങ്ങളും അതിന് വലിപ്പം നൽകുന്ന മതങ്ങളും അതിനു മതങ്ങളുടെ സ്ഥാപനങ്ങൾ അത്രയും വൈദ്യ സ്ഥാപനങ്ങളായി കാലഘട്ടവും ചിന്തിച്ചു നോക്കുന്നുവെങ്കിൽ നിങ്ങൾ ശരകന്റെ പ്രതിജ്ഞയെ എങ്ങനെ കാണും ചുറിഞ്ഞു വാങ്ങിക്കില്ല കേട്ട് മര്യാദക്ക് പോയാ മതി ഇനി സംശയമുണ്ടോ ബാക്കി നാളെ കാണാം